<clears> Thank <throat> you. ശരീരത്തിൽ നാശങ്ങൾ ആത്മാവിന് നാശമല്ല അതാണ് പറയുന്നത് അതുകൊണ്ട് ഈ രണ്ടിനെ കുറിച്ച് എന്തൊക്കെയുണ്ട് നമ്മൾ വ്യാഖ്യാനിച്ചത് ഉപഗോപിന ശോഭസ്ഥ ശരീരത്തെ കുറിച്ചും വർന്നാളിനെ കുറിച്ചും ദുഃഖിക്കേണ്ട ശസ്ത്രാദി പരുഷസ്പർശാന് അവർജനീയ സ്വഗതാൻ ശ്രദ്ധ അമൃതത്വപ്രാപ്ത യുദ്ധാക്ഷി കർമ്മം അതിന് ശരിയായ അർത്ഥം വേണ്ടിയിരിക്കുന്നു രാമാനുജാ ഗംഗിക്കുകളൊന്നും എന്താണ് ശസ്ത്രപാതാദി പരുഷസ്പർശാന്ന് അമർജ്ജനീയാണ് യുദ്ധം ചെയ്യുമ്പോൾ ശസ്ത്രപാതം പോലെയുള്ള പരുഷസ്പർശം എന്ന് വെച്ചാൽ വെട്ട് കുത്ത് അടി ഇടി ഇതെല്ലാം ആവർജനീയാണ് യുദ്ധം ചെയ്യുന്നു തനിക്ക് മുറിവ് പറ്റരുത് പ്രഹരം വിലക്കരുത് എന്നു വിചാരിക്കാൻ പറ്റും ആണ് പരിശസ്ത്ര അത് ഒഴിവാക്കാൻ വയ്യാത്താണ് അന്യഗതാം തനിക്കും അന്യനും കിട്ടും ധൈര്യം രണ്ടും ധൈര്യപൂർവ്വം സഹിക്കും തനിക്ക് കിട്ടിയ ൊടിയും വെട്ടും മൊത്തമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ സഹിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അന്യന്മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ താനിങ്ങനെ സഹിക്കും ഇങ്ങനെ സഹിക്കും തന്റെ പുത്രൻ അടിയടിയും വെട്ടുമ്പോ കെട്ടി വീരസ്വർഗം പ്രാപിച്ചപ്പോ അർജുനം കരഞ്ഞി അതാണ് അന്യന്മാരെന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ തന്റെ പക്ഷത്തേക്കുന്നവരാണെങ്കിൽ അപ്പോ അന്യന്മാരാണെങ്കിലും നടത്താൻ സഹിക്കേണ്ടി വരും അവരുടെ അവർക്ക് ഇത് കാണുമ്പോഴുണ്ടാൻ സഹിക്കും മറുപക്ഷത്തേക്കുന്നത് ഗുരുനാഥന്മാരാണ് ദുര്യോധന്റെ കാര്യം കോട്ടെ അവർക്ക് കിട്ടുമ്പോഴും മനസ്സിന് പ്രയാസമുണ്ടാവും തൻ്റെ കയ്യിൽ തന്നെ കിട്ടിയാലും തന്നെ ആയുധവിദ്യ പഠിപ്പിച്ചവരെ ആയുധം ഉപയോഗിച്ച് താൻ മുറിവേൽപ്പിക്കുമ്പോൾ എന്തായാലും മനസ്സിനൊരു വിറയലൂര അയ്യന്മാരെന്ന് പറഞ്ഞാൽ സ്വപക്ഷത്തിലുള്ള ഉള്ളവരായാലും ശരി അന്യപക്ഷത്തുള്ളവരായാലും ശരി യുദ്ധം ചെയ്യുമ്പോൾ മനസ്സിന് വ്യതിചലനം ഉണ്ടാവാം അവർക്ക് വേണ്ടപ്പെട്ടവരായുധമില്ല ശത്രുക്കളൊന്നുമില്ലല്ലോ എല്ലാം വേണ്ടപ്പെട്ടവരല്ലേ പിന്നെ അവരുടെ കൂടെ വന്നു അതുകൊണ്ട് ധൈര്യപൂർവ്വം ഇതൊക്കെ സൈധിയ കരയത് അതൊക്കെ പറഞ്ഞെങ്കിലും കരഞ്ഞു എന്നാണ് കഥ പറയുന്നത് അതിന് ഒരുപാട് പ്രയാസമായി സുഖ ദുഃഖ് സമയതൃത്വ എന്നൊക്കെയാണ് ഉപദേശിച്ചെങ്കിലും അർജുന്റീനയുടെ ഇടയ്ക്കിടയ്ക്ക് അനിയന്ത്രിതമായ കോപം വരികയും അനിയന്ത്രിതമായ ദുഃഖം വരികയും എല്ലാം വന്നിട്ടുണ്ട് അതിന്നെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഉപദേശമൊക്കെ ശരി തന്നെയാണ് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ എല്ലാവർക്കും അതൊന്നും പറ്റത്തില്ല അങ്ങനെ ഉള്ള സാഹചര്യങ്ങൾ നേരിടുമ്പോൾ എല്ലാവർക്കും പറ്റത്തില്ല ആ പൂർവം ചില വ്യക്തികൾക്ക് പറ്റില്ല എന്നും പറയാൻ പറ്റില്ല എന്തായാലും അർജുനന് ഏസി അതാണ് സ്വഗതാം അന്യകഥാംശൈര്യ സുഖ അമൃതത്വപ്രാപ്തിയും അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്തിനു യുദ്ധം ചെയ്യണം യുദ്ധം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ബന്ധുവിരഹം ഒന്നാകും മനുഷ്യന്റെ നാശം ഒന്നാകും സമ്പത്തിൻ്റെ നാശം ഇത് പ്രകൃതിയെ നശിപ്പിക്കും അവിടെ അണുഭാമ്പൊക്കെ പൊട്ടിച്ചതെന്നാണ് പറയുന്നത് ോംബൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി അണുവീകരണം ഉണ്ടാവും പല പ്രശ്നങ്ങളല്ലേ മനുഷ്യന് സമ്പത്തിന് പ്രകൃതിക്ക് എല്ലാം ദോഷം വരുന്ന യുദ്ധമാണ് പക്ഷെ അത് ചെയ്യാം എന്നതിനു വേണ്ടി അമൃതത്വം പ്രാപ്ത മോക്ഷത്തിന് വേണ്ടി അത് ചെയ്താൽ അതങ്ങനെ യുദ്ധം ചെയ്താൽ മോക്ഷം കിട്ടുന്നു ആനാജി സംഭവിക്കാത്ത ഫലം ആഗ്രഹിക്കാതെ ചെയ്യും അത് രീതിയിലെ സിദ്ധാർത്ഥമാണ് ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്താൽ മോക്ഷപ്പെട്ടു ഫലം ആഗ്രഹിക്കാതെ എന്ത് ചെയ്താലും മോക്ഷപ്പെട്ടു സ്വധർമ്മ ഓരോ ജാതിക്കും പറഞ്ഞിട്ടുള്ള കർമ്മങ്ങളായിരുന്നു ക്ഷത്രിയനാണ് അർജുനൻ ക്ഷത്രി പറഞ്ഞ കർമ്മം അതിഫലം ആഗ്രഹിക്കാതെ ചെയ്താൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ ഗീതയിൽ മാത്രം പറയുക അല്ല നിരന്തരം യുദ്ധം ചെയ്യണം മനുസ്മൃതിയിലും പറയുന്നു എന്തിനു വേണ്ടി യുദ്ധം ചെയ്യണം ഒന്ന് ജനങ്ങളെ സംരക്ഷിക്കും ആ രാജ്യത്തുള്ള ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധം പിന്നെ ദ്ധം ചെയ്യണം ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വേണ്ടി യുദ്ധം ചെയ്യണം രണ്ടാമത് മൂന്നാമതെന്തിനോ മൂന്നാമതല്ല ഒന്നാമത് ബ്രാഹ്മണനെ സന്ദർശിക്കാൻ വേണ്ടി ക്ഷത്രിയ യുദ്ധം ചെയ്യണം എന്റെ മൂന്ന് കാര്യമാണ് ഈ സ്മൃതിയിൽ പറയുന്നത് മഹാഭാരതത്തെ പറയും അങ്ങനെ ചെയ്യുന്ന യുദ്ധം ശത്രുവിനോട് പറയുന്നതാണ് അങ്ങനെ ചെയ്യുന്ന ഇതും ഫലാഗ്രഹം ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും സ്വർഗമല്ല മോക്ഷം പക്ഷെ ഈ ലോക കഴിഞ്ഞ അർജുനം പോയത് എവിടേക്ക് സ്വർഗത്തിലേക്കാണ് നഗരം എന്നുള്ള നരകം ഒന്ന് കണ്ടെങ്കിലും പിന്നെ സ്വർഗത്തിലേക്ക് പോയി നാം നമ്മുടെ മഹാഭാരതം കഥയനുസരിച്ച് മോക്ഷം എന്ന് പറയുന്നത് എന്താണ് സ്വർഗമാണ് പക്ഷെ ഗീതയിൽ മോക്ഷം എന്ന് പറയുമ്പോൾ വേറെയാണ് ഇതൊരു വ്യാഖ്യാനിക്കുന്ന അനുസരിച്ച് രാമാനുജാചാര്യൊരു വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് മഹാഭാരതം കഥയുമായിട്ട് വരും അവിടെ സ്വർഗം എന്ന് പറഞ്ഞാൽ രാമാനുജാചാര്യെന്ന് പറയുന്നത് തന്നെയാണ് പരമധാമ ശ്രീമുദ് നാരായണന്റെ പരമധാമത്തൊക്കെ അതാണ് മോക്ഷം അപ്പൊ മഹാഭാരതം അനുസരിച്ച് രാമാനുചാര്യരുടെ മോക്ഷമാണ് ഫിറ്റാവുക ചങ്കരായ മോക്ഷം എനിക്കിനും ഫിറ്റാവും കഥയനുസരിച്ച് കാരണം ഇവിടെ സംഭവിച്ചതാണ് മരണശേഷി അമൃതത്വപ്രാപ്ത യുദ്ധാത്യം യുദ്ധസെന്ന് പറയുന്നത് ശരിയായ വ്യാഖ്യാനം ഞാൻ പറഞ്ഞിട്ട് ഓരോ ഗമിക്കുക വ്യാഖ്യാന കസരത്ത കാരണം യുദ്ധദാതു പറയുന്നതിന് രണ്ട് കാര്യങ്ങൾ പ്രകൃതിയും പഠിക്കും യുദ്ധസമ്പ്രഹാരി ലോട്ട് മധ്യവുർഷയെന്ന് പറയുന്നു യുദ്ധസ്വ അപ്പൊ അവിടെ ആ ധാത്വർത്ഥം കൊണ്ട് കഴിഞ്ഞത് യുദ്ധാത്വം കർമ്മം ആരംഭസ്വ ലോട്ട് മധ്യവൃഷ എന്റെ അർത്ഥം പെപ്പറുകളിടയിൽ പ്രത്യേകത്തിന്റെ അർത്ഥം വേർതിരിച്ചഴിയത് കൃത്യമായ അർത്ഥം പറയാൻ വേണ്ടി മലയാളത്തിൽ പറഞ്ഞാൽ ഈ യുദ്ധം ചെയ്യൂ അത് തന്നെ എന്റെ അർത്ഥം ശങ്കരാചാര്യൻ ചെയ്ത പോലെ സ്വന്തം സിദ്ധാന്തത്തിന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ മറ്റഭ്യാസങ്ങളൊന്നും ചെയ്യുന്നില്ല അത് വിധിയന്നെയാണ് ചെയ്യുവോ വിധിയുടെ അനുവാദമാണ് ജ്ഞാനകർമ്മ സമുച്ചയ ദോഷം വരും അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും കൂടെ ചർച്ച ചെയ്യുന്നേ ഉണ്ടോ ഇല്ലയോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല ഇതാണ് ഗീതയുടെ അർത്ഥം യുദ്ധം ചെയ്യുമെന്ന് അതിനെ യുദ്ധം ചെയ്യുമെന്ന് വേറെ അർത്ഥം ഭഗീത യുദ്ധം ചെയ്യാൻ പറയുന്നു എന്നാണ് രാമാനുചാര്യ പറയുന്നത് യുദ്ധം ചെയ്യൂ എന്ന് പറയുന്നതിന് ഒരുപാട് സമർത്ഥിക്കുന്ന ആളാണ് മഹസോന സർശ മഹസുന സരസ്വതിയും പറയും യുദ്ധം ചെയ്യൂ എന്ന് തന്നെ പറയും അല്ലാതെ ആ യുദ്ധത്തിന് വേണ്ടി ഒരുപാട് വാദിക്കുന്ന ആളാണ് മഹസോബന സർസ്വ ഇനി മുമ്പോട്ട് വരുന്ന ഭാഗങ്ങളുണ്ട് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗങ്ങൾ അർജുനന് പ്രോത്സാഹനം വാങ്ങുന്ന ഭാഗങ്ങൾ അതോവ പ്രാപ്സസി സ്വർഗം ജിത്തോവ മോക്ഷസി പറയുന്ന ഭാഗങ്ങൾ യുദ്ധത്തിന് ഒരുപാട് പ്രോത്സാഹനം കൊടുക്കുന്നു ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് പറയുന്നു എന്താണ് യുദ്ധം ചെയ്യും എന്ന് തന്നെ ഇനി മഹാത്മാഗാന്ധി തസ്മാവഭാരതെന്ന് പറയുന്നത് അർത്ഥമൊഴിയിരിക്കുന്ന എന്താണോ അല്ലെങ്കിൽ അറിഞ്ഞില്ല നീ യുദ്ധം ചെയ്യും എന്നിട്ട് പറയുന്ന എന്താണോ അഹിംസ യുദ്ധം ചെയ്യുന്നത് ഇങ്ങനെ അഹിംസ നീ നീ പറയുന്ന മൊത്തം അഹിംസയാണെന്നാൽ എന്നാ യുദ്ധം ചെയ്യും എന്ന് പറയുന്നിടത്ത് അർത്ഥം യുദ്ധം ചെയ്യുന്നത് വേറെ ഒന്നും എന്നാലും ഈ ആധുനികന്മാരായ പല വ്യാഖ്യാതാക്കളെക്കാളും ഗാന്ധിജി കുറച്ചുകൂടി മെച്ചപ്പെട്ട വ്യാഖ്യാതാവാണ് എന്തുകൊണ്ട് യുദ്ധം ചെയ്തില്ല ക്രിക്കറ്റ് കളിക്കുക എന്നും വ്യാഖ്യാനിച്ചില്ല വ്യാഖ്യാനിപ്പ് വേഖ്യാനിച്ച അവിടെ തന്നെ കൊണ്ടുപോകുന്ന ആൾക്കാർ ഇതൊരു ഗെയിമാണ് അങ്ങനെ ഇങ്ങനെയാണ് യുദ്ധം എന്ന് പറയുന്നത് അത് വയലൻസ് ഗീതയിൽ പറയുന്നില്ല അത് വയലൻസ് ആണോ അതൊന്നും ഗീതയിൽ പറയുന്നില്ല ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് മറിക്കുന്ന ആൾക്കാർ ഇതിന്റെ അർത്ഥം വേറെയാണ് യുദ്ധം എന്ന് വെച്ചാൽ യുദ്ധമല്ല യുദ്ധമല്ല എന്ന് പറഞ്ഞു യുദ്ധമാണ് ഇങ്ങനെയൊക്കെ തിരിച്ചും മറിഞ്ഞും പറഞ്ഞു ആൾക്കാർ കൺഫ്യൂഷനില പക്ഷെ ഇവിടെ ഒരു എന്താണോ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞാൽ യുദ്ധം മൈലൻസ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഗീത എന്നുള്ളത് ആക്ഷേപം അതിനെന്ത് സമാനം പറയും നമുക്ക് ഗീത ന്യായീകരിക്കണം രക്ഷിച്ചെടുക്കണം എന്ത് സമാനം പറയും നിങ്ങളൊക്കെ മതപ്രഭാഷണം നടത്തി മതം മറിക്കുന്നവരെ നിങ്ങളത് എന്ത് സമാനം പറയും അങ്ങനെ അതാണ് ഇവിടെ വ്യക്തമായ വ്യാഖ്യാനിച്ചത് യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം തന്നെയാണ് സന്ദർഭവും യുദ്ധത്തിന്റെ ശരി അപ്പൊ ഇന്നെങ്ങനെ മനസ്സിലാക്കുന്ന ഞാൻ ചോദിക്കും നമുക്ക് ഗീതയെ രക്ഷിക്കുന്നെങ്ങനെ യുദ്ധം തന്നെയാണെന്ന് നിങ്ങൾ അംഗീകരിച്ചു ശരി അപ്പൊ ഗീതയിൽ ഇങ്ങനെ ഒരു ദോഷം എന്താണ് യുദ്ധത്തിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വിമർശനം ഉണ്ടാവും എന്താണ് എന്താണ് യുദ്ധം എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഒന്നുകഴിഞ്ഞാൽ ആരോടെങ്കിലും യുദ്ധം ചെയ്യുകയാണെങ്കിൽ യുദ്ധം എന്ന് വെച്ചാൽ കൊല്ലുക നമ്മൾ ആരെങ്കിലും കൊന്നിട്ടാണോ ജീവിക്കുന്നത് മനസ്സുകൊണ്ട് കൊല്ലോ മനസ്സുകൊണ്ട് നമ്മള് മനസ്സുകൊണ്ട് ആരെങ്കിലും ഹിംസിച്ചാൽ ദ്രോഹിച്ചാൽ ഹിംസയാണ് വയലൻസാണ് നല്ല നല്ല ചിന്ത നല്ല കാര്യങ്ങൾ പൂർവീ യുദ്ധത്തിൽ നിന്ന് ഒരുപാട് യുദ്ധത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്ന മറ്റേ ശരി നല്ല ചിന്ത വേണം നല്ല വയസ്സ് പാസ വേണം നല്ല സാധനങ്ങളൊക്കെ ആയിട്ടുള്ളൂ ശത്രുക്കളൊക്കെ ആക്രമിക്കാൻ വരുമ്പോ നമ്മൾ യുദ്ധം ചെയ്യണം നമുക്ക് ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോ പട്ടാൾക്കാരാണ് യുദ്ധം ചെയ്യണം നമ്മളല്ല നമ്മൾ യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനുവേണ്ടി എന്താണ് ട്രെയിനിങ് കൊടുത്ത് ആൾക്കാരെ നഷ്ടത്തിട്ടുണ്ട് അവര് യുദ്ധം ചെയ്തു പട്ടാളങ്ങൾക്ക് വേണ്ടി കാണുന്നതാണോ ഏ അതവര് ചെയ്യുന്നു നമുക്ക് യുദ്ധം ലോകത്തിൽ നാനാ ഭാഗത്തും നടക്കുന്നു എല്ലാ രാജ്യക്കാർക്കും പട്ടാള പട്ടാളം അല്ലാതെ യുദ്ധം നടക്കുന്നുണ്ട് തീവ്രവാദം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് മനസ്സിലായി അവിടെ നിന്ന് ഗീതയുടെ ആവശ്യമുണ്ട് യുദ്ധം ചെയ്ത് യുദ്ധത്തിന് യുദ്ധത്തിന്റേതായ മാലിന്യങ്ങളുണ്ട് അതനുസരിച്ച് യുദ്ധം അവിടെ ഒരു ആധ്യാത്മികശ്വാസത്തിന്റെ ആവശ്യം അങ്ങനെയാണെങ്കിപ്പോ എന്താ രാജ്യത്തുള്ളവരും ഇവിടെ വന്ന് ഗീത പഠിച്ചിട്ട് അവിടെ പോയി യുദ്ധം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു യുദ്ധത്തിന് യുദ്ധത്തിന്റേതായ രീതികളും യുദ്ധത്തിന്റെ വാർക്കറയും ഇതൊക്കെ ഇന്ന് തീരുമാനിച്ചിരിക്കുന്നതും കലാകാരങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നും ഗീതയ്ക്കനുസരിച്ചിട്ടുണ്ട് ഗീത വായിച്ചിട്ടുണ്ട് ആ അവിടെ ഗീതയ്ക്ക് ആ ഒരു പ്രസക്തിയില്ല അവിടെ ഗീതയ്ക്ക് ഒരു ഉപയോഗവും ഇല്ല ഇവിടെ പറയുന്ന യുദ്ധത്തിന്റെ കാര്യമാണ് സംഘർഷം വരുമ്പോ സംഘർഷം വരുമ്പോൾ ഒഴിവാക്കണമെന്ന് പറയുന്നതിന് പദ്യങ്ങൾ ഗീതയിൽ ഒരുപാടുണ്ട് അവിടെ യുദ്ധമെന്നു പറയുന്നില്ല അർജുനൻ ചോദിക്കുന്നത് എന്താണ് ഞാൻ യുദ്ധം ചെയ്യണോ വേണ്ടേ ഭഗവാൻ എന്ത് പറയുന്നു യുദ്ധം ചെയ്യൂ വേണ്ടെന്നല്ല പറയുന്നത് ഇവിടെയാണ് പ്രസിദ്ധം എന്താ മനസ്സിന്റെ സംഘർഷങ്ങൾ അവരുടെ എങ്ങനെ ഒഴിവാക്കണം അതിന് ഗീതയുടെ എത്രയും ശ്രോകുണ്ട് അവിടെ നിന്ന് യുദ്ധത്തെ കുറിച്ചല്ല പറയുന്നത് എല്ലാ പ്രവൃത്തികളും പശ്യയും ചുങ്ങൾ കാണുന്നതും കേൾക്കുന്നതും തുടങ്ങി പ്രവൃത്തികളും ഗുണാണേശ സർവപ്രവൃത്തികളും എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് ഗീതങ്ങൾ ഇതിന്റെ ഒരുപാട് പറയുന്നുണ്ട് അതിനെക്കുറിച്ചല്ല കഴിഞ്ഞു യുദ്ധത്തെക്കുറിച്ചല്ല ഇത് പറയുമ്പോൾ അങ്ങോട്ട് വരുക അത് പറയുമ്പോൾ ഇങ്ങോട്ട് വരു അത് ശരിയാകില്ല അർജുനന്റെ ചോദ്യം ഇതാണ് യുദ്ധം ചെയ്യണോ വേണ്ടേ ഭഗവാൻ നേരിട്ടുത്തരം പറയുന്നു ഒരു സംശയമില്ലാതാണ് തസ്മാര അത് മാത്രമല്ല നിങ്ങൾ പറയുന്നു എന്താണ് മനസ്സിലില്ലാതാണ് ഇതാണ് വെറും മിഠിത്വമാണ് കാരണം എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഈ പദ്യത്തിൽ തന്നെ പറയുന്നു ആത്മാവ് നശിക്കാത്തതാണ് ശരീരം നശിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് തസ്മ അതുകൊണ്ട് നീ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം ആയുധം എന്തിനാണ് നീ പ്രയാസപ്പെടേണ്ട ആത്മാവ് നശിക്കുന്നില്ല ശരീരം നശിക്കുന്നു അപ്പൊ നീ യുദ്ധം ഈ ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരമല്ലേ അവിടെ നിന്ന് നിങ്ങൾ ചാടി അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഈ സന്ദർഭമായിട്ട് യാതൊരു പൊരുത്തവും ഇല്ലാത്ത അർത്ഥങ്ങൾ കൊണ്ടുവന്നിട്ട് പറയുന്ന കാര്യങ്ങൾ മനസ്സിൻ്റെ അത് ഇതൊക്കെയാണെങ്കിൽ അതിന് തന്നെ ഒരുപാട് പദ്യങ്ങളുണ്ട് അതവിടെ പറയുന്നു മനസ്സിൻ്റെ കാര്യം പറയുന്നു ഇപ്പൊ ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയും യുദ്ധമായിട്ടുള്ള തുടരും ഭക്തി എങ്ങനെയാണെന്ന് പറയും അനുയുദ്ധമായിട്ടും തുടങ്ങും സർവധർമ്മങ്ങളെയും പരിത്യജിക്കുന്ന കാര്യം പറയുന്നു അവിടെ എന്താ യുദ്ധമായിട്ട് ബന്ധം ഇവിടെ എന്താണ് നമുക്ക് ആദ്യം വേണ്ട ഒരു ഗുണം എന്താണോ ആർജങ്ങൾ സത്യസന്ധത അതില്ല ജീവിതത്തിൽ ഒരു കാര്യങ്ങളിലും ഇല്ല പിന്നെ ഗീതയിൽ ഒന്ന് എങ്ങനെയുണ്ടാവും ഇതാണ് കുഴപ്പം നമ്മൾ പഠിച്ചു പഠിച്ച് പഠിച്ച് സർവകള്ളവത്തരങ്ങളും പഠിച്ച സ്വാമിമാരാണ് ഇതാണ് നമ്മുടെ പ്രശ്നം അപ്പൊ എന്ത് കണ്ടാലും ശരി നമ്മുടെ പുനഷ്ടബുദ്ധിയുണ്ടേ വെക്കാൻ നേർബുദ്ധിയുടെ ഒന്നും വെക്കാറ്റില്ല അങ്ങനെ വക്രബുദ്ധിയെ കയ്യിലൂടെ നമ്മുടെ രാമാനുചാചാര് അങ്ങനെ ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ടാണ് കൃത്യമായി വ്യാഖ്യാനിക്കുന്ന യുദ്ധം ചെയ്യൂ ഇപ്പൊ നിങ്ങൾ പറയുന്ന വ്യാഖ്യാനം ഒന്നും എന്താ രാമാനുചാചാർക്ക് അറിയത്തില്ല എന്താ വ്യാഖ്യാനിക്കാത്ത എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള കള്ളത്തരയുണ്ട് മനസ്സിലായ നമ്മുടെ മനസ്സിനെ കള്ളത്തരങ്ങൾ എന്ന് ആൾക്കാരെ പറ്റിക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് നമ്മള് ഇതിനെ തിരിച്ചും പറിച്ചും തിരിച്ചും പറിച്ചും ഒക്കെ വ്യാഖ്യാനിക്കുക നമ്മൾ തന്നെ അറിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമേ യുദ്ധം ചെയ്യുന്ന് പറഞ്ഞു യുദ്ധം ചെയ്യുന്നു തന്നെ എന്റെ അർത്ഥം അർത്ഥം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനിക്കൊന്നുമില്ല രാമാനുചാരി വ്യാഖ്യാനിച്ച് ഞാൻ പറഞ്ഞു മത്സൂനസ് വ്യാഖ്യാനിച്ചു ഞാൻ പറഞ്ഞു അത എന്റെ ഇനി നമുക്ക് ഗീതയെ രക്ഷിക്കണ്ടേ ഏരോ വഴിയും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വഴിയോണ്ടെങ്കിൽ പറഞ്ഞ് തന്നാൽ പോകാം അതായത് ഗീത എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ളതല്ല മനസ്സിലാക്കി ഗീത സമ്പൂർണമായി എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യം എല്ലാ കാലത്തേക്കും വേണ്ടിയുണ്ട് എല്ലാം യുദ്ധം എല്ലാ കാലത്തേക്കും വേണ്ടിയുണ്ട് ഗീത ഏത് കാലത്താണ് ഉപദേശിച്ചത് ആ കാലഘട്ടത്തിൽ എന്താണ് ഞാൻ സമ്മതിച്ചത് അതാണ് പറഞ്ഞതിന് ഗീത ഉപദേശിച്ച കാലഘട്ടത്തിൽ ചാതുരോണ്യ വ്യവസ്ഥിതി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ക്ഷത്രിയ ജോലി എന്ന് പറയുന്ന യുദ്ധമാണ് അത് എങ്ങനെ മഹാഭാരത യുദ്ധം നടക്കുന്നതിന് മുമ്പും അർജുനൻ ചെയ്തുകൊണ്ടിരുന്ന പണി എന്താണ് യുദ്ധം തന്നെ ഇനി മഹാഭാരത യുദ്ധം കഴിഞ്ഞാലും അർജുനന്റെ പണി എന്താണ് യുദ്ധം തന്നെ സന്യാസം വീണ്ടും അർജുനൻ ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് സൈന്യമാണ് യുദ്ധത്തിൽ പോകുന്നതാണ് മഹാഭാരതത്തിൽ കാണുന്നതാണ് അല്ല ഇവിടം കൊണ്ട് യുദ്ധം അവസാനിക്കുന്നൊന്നുമില്ല ഏ എങ്ങനെ ക്ഷത്രിനോട് മാത്രമാണ് വേറെ അവരോട് പറയുന്നു ഈ യുദ്ധം എന്ന് പറയുന്ന മാത്രമാണ് പറയുന്നത് ഇതിനകം തന്നെ രാമാനുജാചാര്യ എത്ര സ്ഥലത്ത് ആ കാര്യം പറഞ്ഞു ക്ഷത്രിയനായതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം ഗീതയിൽ അതാണ് പറയുന്നത് ഗീതയുടെ ഉപദേശത്തിന്റെ കാര്യം പറയുക മഹാഭാരത കാലഘട്ടത്തിൽ എന്ത് നടക്കും എന്നുള്ളതല്ല പറയും ഗീതയിൽ പറയുന്നത് ക്ഷത്രിയൻ യുദ്ധം ചെയ്യണം എന്ന് തന്നെ പറയും ഈ യുദ്ധം ഇത്രയും വരെ യുദ്ധം നടന്നു ഇത്രയും പേരും ഒക്കെ നശിന് ശേഷവും ബാക്കിയുള്ള രാജാക്കന്മാർക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി വീണ്ടും അമ്പമിന്നുമായിട്ട് ആര് പോകുന്നു അർജുനൻ ഇതാണ് യുദ്ധം ചെയ്ത് കൊതി തീർന്നില്ല ഇത്രയും പേരൊക്കെ വന്നില്ല എന്തുകൊണ്ട് യുദ്ധം ചെയ്തും ക്ഷത്രിയം തോന്നില്ലതാണ് ഇത് എല്ലാ കാലത്തേക്കും വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും പറ്റൂ എല്ലാ കാലത്തേക്കും ഇത് പറ്റരുത് ആ കാലഘട്ടത്തിൽ ശരി ആ കാലഘട്ടത്തിൽ മാത്രം ശരിയാണ് യുദ്ധം അല്ല നിങ്ങൾ ഇതെല്ലാ കാലത്തേക്കും വേണമെന്ന് നിർബന്ധം പിടിച്ചാൽ ഭയങ്കര അപകടമായ ഒരു കാര്യമായി അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഇപ്പൊ ഖുറാൻ അതിൻ്റെ മുഹമ്മദ് വളരെയധികം യുദ്ധങ്ങൾ നയിക്കുകയും കുറേ യുദ്ധങ്ങൾക്ക് ആസൂത്രണം ചെയ്യുകയും ചെയ്യിച്ചു അത് ഖുരാൻകളിലും അതിൻ്റെ തസ്വീറുകളിലും മുഹബ്സുകളിലും എല്ലാം സമ്മതിച്ചിട്ടുള്ള ആർക്കുണ്ടോ വായിച്ചു നോക്കാൻ ഇംഗ്ലീഷിലും എല്ലാ അതിൻ്റെ വ്യാഖ്യാനങ്ങളും എല്ലാം ഇംഗ്ലീഷിലുണ്ട് എന്നിട്ട് തന്നെ ഒരുപാട് യുദ്ധം നടത്തി പിൽക്കാലത്ത് വന്നപ്പോഴത്തേക്ക് ഇസ്ലാമിക് സ്കോളേഴ്സ് ഇതെങ്ങനെ വ്യാഖ്യാനിക്കും എന്നുള്ള ഒരു പ്രശ്നമാണ് കാരണം യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുകയും യുദ്ധം നടത്തുകയും ചെയ്തു ഇതേ പ്രശ്നം തന്നെ ഒന്നാമത് യുദ്ധ യുദ്ധം എന്ന് പറഞ്ഞ് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മതഗ്രന്ഥത്തിന് ദോഷമായി വരും കാരണം മനുഷ്യന് ഒരുപാട് സാംസ്കാരികമായും മനുഷ്യന് മാറ്റം വന്നു അപ്പോ അത് വ്യാഖ്യാനിക്കുന്ന സ്കോളേഴ്സിനും മിതവാദങ്ങളായും ഒക്കെ തീരുമാനത്തിലെ എന്താണോ അത് ഈ ആയിരത്തി നാനൂറ് വർഷം മുമ്പ് ആ കാലത്തിനേക്ക് വേണ്ടി മാത്രമുള്ള കാര്യമാണ് എടുത്തത് അതാ കാലത്തിലേക്ക് ചുരുക്കണം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇസ്ലാമിക് സ്കോളേഴ്സിന്റെ അഭിപ്രായം അത് മുമ്പോട്ട് കൊണ്ടുവരാൻ പാടില്ല അത് അവിടെ തീർന്നു ഇന്ന് അതിലുള്ള ബാക്കിയുള്ള നല്ല കാര്യങ്ങളൊക്കെ എടുക്കാം നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ സാഹോദര്യം പോലെ ഇസ്ലാമിക സാഹോദര്യം പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതൊക്കെ എടുക്കും യുദ്ധം അവിടെ ഉപേക്ഷിക്കും പക്ഷെ ഇത് വ്യാഖ്യാനിക്കാത്തവരുണ്ട് ഈ വ്യാഖ്യാനം സ്വീകരിക്കാത്തവർ പറയുന്നത് എന്താണോ അത് പറ്റില്ല പുരാണമെന്ന് പറയുന്നത് ദൈവികമായൊരു ഗ്രന്ഥമാണോ അതിലൊരു വള്ളി പുള്ളി വിസർഗം വിടാതെ തന്നെ സ്വീകരിക്കണം അത് എല്ലാ മനുഷ്യർക്കും ഏത് കാലത്തേക്കും ഉള്ളതാണ് ചെയ്യണം യുദ്ധം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇസ്ലാമാകുന്നതുവരെ ജിഹാദ് ചെയ്തുകൊണ്ടേയിരിക്കും അതിനാണ് ഇന്ന് തീവ്രവാദം അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരാണ് ഐ എസ് എൽ എസ് മറ്റതും മറിച്ച് പറഞ്ഞ് കുറെ പേരുണ്ടല്ലോ താലിബാൻ അവിടെയൊക്കെ സിദ്ധാന്തമോ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കും ഏതൊരു ലോകം മുഴുവൻ ഇസ്ലാമാകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിരച്ച ബോധമില്ലാത്ത പെൺകുട്ടികളൊക്കെ ഇവിടെ നിന്ന് സ്ത്രീയിൽ ആടുമേക്കാൻ പോയിരുന്നു അവിടെ ചെന്ന് പിടികൊണ്ടിച്ചെത്തുന്നു നടക്കുന്ന കാര്യമൊന്നുമില്ല പക്ഷെ മതഗ്രന്ഥങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിനനുസരിച്ചത് ഇതാണ് അപ്പൊ ഈ രണ്ട് വ്യാഖ്യാനങ്ങളുമുണ്ട് ഒരു വോട്ടർ പറയുന്നു യുദ്ധം നമുക്ക് അവിടെ കളയാം അതിനി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഇനി ഇവിടെ മനുഷ്യൻ സമാധാനമായിട്ട് ജീവിക്കണം പക്ഷെ വേറൊരു വോട്ടർ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു അല്ല യുദ്ധം എല്ലാ കാലത്തേക്കും വേണം ഇസ്ലാമിക സാമ്രാജ്യമായിട്ട് ഖിലാഫ് അതിന്റെ പേണ്ടായിരിക്കുന്ന അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരാണ് ഒരു വിഭാഗം തീവ്രവാദത്തിന് മൗദൂതി എന്നൊക്കെ കേട്ടിട്ടുണ്ട് സക്കയിൽ നയിക്കെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ തീവ്രവാദത്തെ അനുമോദിക്കുന്നത് ലോകം മുഴുവൻ നിശ്ചിതമാണ് വേറെ ഒരു മതവും നല്ല അപ്പൊ നിങ്ങളതിന് യുദ്ധം എന്ന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന തീവ്രവാദത്തിലേക്ക് പോയി മറിച്ചത് ആ കാലഘട്ടത്തിലേക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ദോഷമുള്ള അതാണ് ഇല്ലെങ്കിൽ എന്തവരും പുറത്തേക്കൊന്നും പോണ്ട ഇവിടെ തന്നെ ജാതികൾ തമ്മിലടിയുണ്ട് മേൽജാതി മേൽ ജാതി തമ്മിലടിയൊഴിഞ്ഞു ഭാഷാപരമായ ആൾക്കാർ തമ്മിൽ ചെയ്യും ഒരു രാജ്യത്ത് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെയും നടന്നിട്ടുണ്ട് ദേശ പ്രാദേശികമായിട്ടാണ് തമിഴ്നാട് വേറെയാണ് കേരളം വേറെയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടേക്കും വെള്ളത്തിന് വേണ്ടി ഇതെന്ത് ചെയ്യും മുല്ലപ്പരിയാണ് തമിഴ്ക്ക് വേണം മലയാളിക്ക് വേണം ഇങ്ങനെയൊക്കെ ഇട്ടും ചെയ്യുന്നിടത്തെല്ലാം എന്തൊരു ഓരോ വോട്ടരും എല്ലാ എന്തെയും രീതിയും കൊണ്ടുവരും എന്റെ അപകടം ഭാഷയുടെ പേരില് ദേശത്തിന്റെ പേരിൽ ജാതിന്റെ പേരിലൊക്കെ ഈ ആൾക്കാർ തമ്മിലടിച്ചിട്ട് ഈ തമ്മിലടിക്കുന്നവരിൽ എന്തുകൊണ്ട് വരും ഓരോരുത്തരും പറയും ഇത് ധർമ്മയുദ്ധമാണ് എന്നിട്ട് എല്ലാവരും ഗീതി ഇതാണ് ഇതിന്റെ അപകടം അല്ലാതെ ഈ ഗീത ഉപയോഗിച്ച് നിങ്ങൾ ധരിക്കുന്നവരെ മുസ്ലിങ്ങളോട് മാത്രമല്ല യുദ്ധം ചെയ്യുന്നത് യുദ്ധത്തിന് ഗീത ഉപയോഗിച്ച് അത് എവിടെ ഉപയോഗിക്കും കുടുംബത്തിനകത്തോപയോഗിക്കും അച്ഛൻ പറയും ഞാൻ ധാർമ്മികമായിട്ട് എന്റെ ധർമ്മം ഇതാണ് ഞാൻ മോനോട് യുദ്ധം ചെയ്യുന്നതെന്ന് പറയും മോൻ പറയും അച്ഛനോട് യുദ്ധം ചെയ്യുന്നെന്ന് പറയും ഭാര്യ ഭർത്താവിനോട് യുദ്ധം ചെയ്യും ഭർത്താവ് ഭാര്യയോട് യുദ്ധം ചെയ്യും എല്ലാം യുദ്ധമേ ഇതേ നിങ്ങൾ യുദ്ധത്തിന് അനുകൂലമായിട്ട് കൊണ്ടു കിടന്ന ഒരു ഭാഗത്തേക്ക് വേണ്ടിട്ട് ചുരുക്കം പറ്റും എന്തുകൊണ്ട് എല്ലാവരും പറയും ഇത് ഞങ്ങളുടെ ധർമ്മമാണ് ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം യുദ്ധം ചെയ്യാം എവിടെ പറഞ്ഞിരിക്കുന്നു വീതി പറഞ്ഞിരുന്നു എല്ലാവരും ആടെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഇത് പൂർണ്ണമായും തള്ളിക്കളയേണ്ട ഒരു കാര്യമാണ് ഇത് വളരെ അപകടകരമായ ഒരു സിദ്ധാന്തമാണ് ഇത് കേവല രാജ്യവും രാജ്യവും തമ്മിലല്ല ഒരു രാജ്യത്തിന്റെ അകത്തുള്ള ജനങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് ഇത് കാരണമാണ് യുദ്ധത്തെ പ്രോത്സാഹിപ്പിച്ച വയലൻസിനെ പ്രോത്സാഹിപ്പിച്ചു അപ്പൊ ഇന്ന് നമ്മുടെ രാജ്യത്തിനാകത്തിനുള്ള പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഭാഷാപരമായ പ്രശ്നങ്ങളുണ്ട് പ്രാദേശികമായ പ്രശ്നമുണ്ട് വെള്ളത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഇവിടെ ക്രമ സമാധാന ചുമതല ഉള്ള ആൾക്കാർക്കുണ്ട് അവരത് നോക്കിക്കോളൂ അല്ല നമ്മളിതൊക്കെ അടുത്ത് യുദ്ധം ചെയ്യുക അല്ലതും നേരത്തെ പറഞ്ഞില്ല ആരെങ്കിലും ആക്രമിക്കാം നമ്മൾ യുദ്ധം ചെയ്യണം യുദ്ധം നമ്മുടെ കാര്യമല്ല അതിന് ചുമതലപ്പെട്ടവർ മാത്രമേ ചെയ്യാവൂ കർമ്മസമാധാന ചുമതലയുള്ളവർ നമ്മളോട് എന്താണ് പൗരന്മാരോട് യുദ്ധം ചെയ്യാനുള്ളവരുണ്ടാവും അവര് കർമ്മസമാധാനം പാലിക്കാനുള്ളവരാണ് പിന്നെ അതിർത്തിയിൽ നിൽക്കുന്ന പട്ട പട്ടാളക്കാർ അവര് നമ്മളോട് യുദ്ധം അവരോട് യുദ്ധം ചെയ്യാവുന്നത് അപ്പോ ക്ഷത്രിയനാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുമല്ല അതിലേറ്റവും വലിയ അപകടകരപരമായതാണ് ഗുണകർമ്മം ഉണ്ടെങ്കിൽ തന്നെയാണ് അത് അതിനും വലിയ അപകടകരമാണ് എനിക്കിപ്പോ ഗുണകർമ്മമുണ്ട് ക്ഷത്രിയ ഗുണവും കർമ്മവും വിചാരിച്ച് ഞാൻ അടുത്ത പോലീസ് പോയി അവിടുത്തെ കസേരി കയറിയിരുന്ന് കർമ്മസമാധാനം പാലിക്കാൻ പറ്റുമോ ഗീത വെച്ചാണെങ്കിലെന്ന് പറയാം എന്താണ് എന്നൊക്കെ അതിനവകാശമുണ്ട് എന്തുകൊണ്ട് ഗുണകർമ്മങ്ങളുണ്ട് ഈ വലിയ പൗരുഷം ഇതൊന്നും യുദ്ധവുമായിട്ട് ബന്ധപ്പെടുത്താനേ പറ്റും അങ്ങനത്തെ ഗുണകർമ്മങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ പോയി കൃഷി ചെയ്യും ദോഷവും ഗുണകർമ്മങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ പോയി ആശ്രമത്തിൽ പോയി ജീവിക്കണം അതിന് കുഴപ്പമാണ് യുദ്ധം എന്ന് പറയുന്നത് ക്രമ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നിസ്സാര കാര്യമാണ് ഗീത അതിനുവേണ്ടി വ്യാഖ്യാനിക്കുക ഇതും എന്താണോ ഇത് വെറും അന്ധമായൊരു കാര്യമാണ് അത് പൂർണമായും ഗീതയിൽ നിന്ന് തള്ളിക്കളയേണ്ട കാര്യമാണ് അത് ഈ കാലത്തിന് പറ്റിയില്ല ആ കാലത്ത് ഒക്കെ ശരി അത് കഴിഞ്ഞു എല്ലാ കാലത്തേക്കും പറ്റിയ ഒരു കാര്യം അല്ല എന്നു പറയാൻ എല്ലാ കാലത്തേക്കും പറ്റിയ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഈശ്വര വിശ്വാസമുള്ളവർക്ക് ഭക്തി എല്ലാ കാലത്തേക്കും പറ്റിയാണ് വിശ്വാസ്യോഗം അല്ലാത്തവരും സ്വീകരിക്കത്തില്ല കർമ്മയോഗം അത് ഉൾക്കൊള്ളാൻ പറ്റിയ പറ്റിയാണ് അത് ഗീതയിലുള്ളത് തന്നെയാണ് ബുദ്ധരേതാത്മാനാത്മാന അപ്പൊ മനസ്സിലാക്കുന്നവർക്ക് ഏത് അതൊക്കെ ഏത് കാലത്തേക്കും പറ്റിയ ആശയങ്ങളായിട്ട് നമുക്കെടുക്കാം ഇവിടെ ധ്യാനിക്കാൻ പറഞ്ഞു മാറാമധ്യം താല്പര്യമുള്ളവർ ഏത് കാലത്തേക്കും പറ്റിയ കാര്യം താല്പര്യമുള്ളവരുടെ അതുപോലെയാണ് കാര്യം ഇപ്പം അതുപോലുള്ള കാര്യമല്ല അത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ചന്ന് വ്യാഖ്യാനിച്ചാലും വലിയ അപകടം പിടിച്ചോളൂ വയലൻസ് ഇവിടെ ജാതീയമായി അടിയടക്കും ും പല ഭാഗത്തും നടക്കുന്നു നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് ഇവരൊക്കെ ഗീതിയും കയ്യിലെടുത്തുകൊണ്ട് അടിക്കാൻ പോയാ എന്തായിരിക്കും ഇവടെ ക്രമസമാധാന സാധ്യമാവും ഇത് നടക്കുന്ന കാര്യമാണ് അതിങ്ങനെ സാധ്യമാവും പിന്നെ ഇവിടെ പോലീസും പട്ടോണൊന്നും വേണ്ടേ എല്ലാവരും ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ച് യുദ്ധം ചെയ്യാൻ പോയി ഗീതിയും പൊക്കി പിടിച്ചോ സംബന്ധ ആൾക്കാരെ ഇത് പറഞ്ഞ് സ്പിരിറ്റ് കേട്ടാൻ പാട് ഇവിടെ ക്രമസമാധാനം പാലിക്കാം പോലീസുണ്ട് നിയമവ്യവസ്ഥ സംരക്ഷിക്കുന്നത് അവരാണ് പ്രതീക്ഷകളുണ്ട് അതൊക്കെ നോക്കി പോകും പിന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും ആക്രമണം നോക്കാൻ പെട്ട ആൾക്കാർക്കുണ്ട് നേരത്തെ ഗുണകർമ്മം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് പോകൊടുത്തിരിക്കാൻ പറ്റില്ല നിങ്ങൾ ഫിറ്റാണെങ്കിൽ നിങ്ങളെ റിക്രൂട്ട് ചെയ്യും റിക്രൂട്ട് ചെയ്തിട്ട് ട്രെയിനിങ് ട്രെയിനിങ് തന്നിട്ട് നമ്മൾ അവിടെ കൊണ്ടുവരുത്തുമ്പോഴേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും ലൈംഗിക ഗുണകർമ്മം കൊണ്ടൊന്നും പറഞ്ഞാൽ അവിടെ പോയി ആർക്കും യുദ്ധം ചെയ്യാൻ പറ്റില്ല അപ്പോ യുദ്ധവുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടുത്താൻ പറ്റില്ല ഇത് ആ ഒരു കാലഘട്ടത്തിന്റെ പാഠമാണോ ബാർബേറിയൻസിന്റെ എന്നുള്ള പേരാ എന്താണ് യുദ്ധം തൊഴിലാക്കി അതൊക്കെ പറയാൻ യുദ്ധം ചെയ്ത് കൊതി തീരാത്ത മനുഷ്യർ അവരാണ് ബാർബിയറിയൻസ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യ അതിൽ നിന്നൊക്കെ ഒരുപാട് പുരോഗമിച്ചു സാംസ്കാരിക പരിണാമം അങ്ങനെയാണ് മനുഷ്യന് വന്ന കാര്യം അപ്പൊ ഇനി ഇത് വെച്ചുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി മറുപടി കൊണ്ടുന്നതിൽ യുദ്ധത്തിന്റെ പരസ്യം എന്ന് പറയുന്നത് ഗുണകർമ്മം ഒന്നുമല്ല അതിന്റെ പരിശീലനം എന്ന് പറയുന്നത് രാഷ്ട്രീയം സാമ്പത്തികം അതിർത്തി പിന്നെ ചിലപ്പോൾ ചിലടത്തൊക്കെ അത് വംശീയത മതം ഇതൊക്കെയാണ് യുദ്ധത്തിന്റെ കാരണ അല്ല ഗുണകർമ്മം ഉണ്ടെന്ന് പറയുന്ന യുദ്ധത്തിനിറങ്ങും അബദ്ധ വ്യാഖ്യാനങ്ങൾ അതുകൊണ്ടെന്താണ് രീതിയിൽ എല്ലാ ആശയത്തിനും എല്ലാ കാര്യത്തേക്കും വേണ്ടിയുള്ള ആ ഒരു കാലഘട്ടത്തിൽ അതങ്ങനെ പറഞ്ഞു പിന്നെ പിന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ചവരായതുകൊണ്ട് ഈ ശാസ്ത്രങ്ങളോട് വളരെ പ്രതിബദ്ധതയുള്ളതുകൊണ്ടും ഇവർക്ക് അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചു സ്മൃതിയായിട്ട് കൂടിയല്ല ഭഗവത്ഗീത സ്മൃതിയാണ് കൂടിയെന്നെന്തിനാ അവര് ഏ അല്ല സ്മൃതി കാലഘട്ടത്തിന് മാറുമെന്ന് പറഞ്ഞാൽ അതി പറയുന്ന എല്ലാ കാര്യവും മാറ്റണമെന്നില്ല യുദ്ധം മാറ്റണമെന്ന് ഞാൻ പറയാം യുദ്ധം എന്ന് പറയുന്ന ഒരു വിഷയം ബാക്കിയൊന്നും അതുപോലെ അപകടം പിടിച്ച കാര്യമല്ല ധ്യാനിക്കാൻ എന്ത് അപകടമാണ് ഭക്തിക്ക് മൃതി എന്ന് പറഞ്ഞാൽ അത് മാറ്റേണ്ട ആവശ്യം ഇതിൽ അതൊക്കെ പറയുന്നുണ്ടല്ലോ അതൊന്നും മാറ്റേണ്ട കാര്യമില്ല യുദ്ധം എടുത്ത് കളയണം അപ്പൊ ഇത് പറയുമ്പോ ഇത് കാരദേശ യോഗ്യമായ ഒരു കാര്യമില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഖുറാനിന്റെ രണ്ട് ഭാഗമാണ് അത് രണ്ടു കൂട്ടർ വ്യാഖ്യാനിക്കുന്നു യുദ്ധം ഇദ്ധം വേണമെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നവരാണ് ഈ നാശം മുഴുവൻ അപ്പൊ നിങ്ങൾ സനാതനധർമ്മത്തിന്റെ പേരിൽ യുദ്ധം വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരായി മാറും തീവ്രവാദികളായി മാറും അപ്പൊ തീവ്രവാദം ആർക്കും ആകാം അതാരണയും പ്രത്യേകിച്ച് കുത്തകയൊന്നുമില്ല നിങ്ങൾ തീവ്രവാദിയായി കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ വേറെ തീവ്രവാദികളും ഉണ്ടാകും ഒന്നിനെ മറ്റൊന്നുകൊണ്ട് നേരിടാൻ പറ്റി ൊരു തരത്തിൽ പിന്നെ ഇവിടെ യുദ്ധത്തെ യുദ്ധ കാലങ്ങളൊക്കെ പലതരത്തിലും ന്യായീകരിക്കുന്നുണ്ട് അത് മസോനുസൽസില് എന്താണോ വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് കഴിഞ്ഞാൽ പുതിയൊരു കോമഡിയാണ് ഭീഷ്മ ദ്രോണാലികളെല്ലാം ഒരുപാട് പുണ്യം ചെയ്തവരാ അവരിപ്പൊ ജർജര ശരീരന്മാരാണ് മസോനുസൽസി വ്യാഖ്യാനിക്കുന്നതാണ് എന്നുവെച്ചാൽ അവരുടെ ശരീരമൊക്കെ വളരെ ജീർണിച്ചു പക്ഷെ ഒരുപാട് പുണ്യമുണ്ട് അപ്പം ഇവർക്ക് സ്വർഗത്ത് പോകണം ഇവരെ എത്രയും പെട്ടെന്ന് സ്വർഗത്ത് അയക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു അർജുനൻ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് ഇവർ കൊണ്ട് കാണുന്നത് ഈ ശരീരം സ്വർഗത്ത് പോകുന്നതിന് ഒരു തടസ്സമാണ് ഇപ്പൊ കൊന്നുകഴിഞ്ഞാൽ എന്തു ചെയ്യും ഒരു പെട്ടെന്ന് സ്വർഗത്തോ യുദ്ധത്തെ എങ്ങനെയും ന്യായീകരിക്കുക കാരണം യുദ്ധം എന്ന് പറയുന്നത് ഹിംസയാണ് അത് വയലൻസാണ് അത് ദോഷമാണെന്ന് ഈ വ്യാഖ്യാനങ്ങൾക്ക് എല്ലാം അറിയാം എന്നാലും ഇതിനെങ്ങനെയെങ്കിലും ന്യായീകരിക്കുക എന്ന് പറയുന്നത് ആ കാലത്തിന്റെ ആ ചുറ്റുപാടുകൾ ശരി ഞാ എന്തായാലും കൊന്നല്ലോ പക്ഷെ പറയുന്നത് പോലെ ഇവരൊക്കെ ജർജരശരിയിലുള്ളവരാണോ അല്ല എന്തുകൊണ്ട് ഇവരെയൊക്കെ ചതിയിലൂടെ കൊന്നു അവര് യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് കഴിയില്ലാത്തവരാണെങ്കിൽ ചതിച്ചന്തന കൊണ്ട് എന്നുവെച്ച അവര് അവര് പ്രായം കൂടിയവർ തന്നെയാണ് പക്ഷെ യുദ്ധത്തിൽ അവരെ വെല്ലുന്നതിന് ആ പ്രായത്തിനും അസാധ്യമായി നിന്നതുകൊണ്ടാണ് ചതിപ്രയോഗങ്ങൾ നടത്തിയത് ഇതൊക്കെ അറിഞ്ഞുവച്ചുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത് എന്താണോ അവര് പ്രായം ചെന്ന് സ്വർഗത്തിൽ ഭവാനിയും ജീർണിച്ച ശരീരം തടസ്സമായി അതുകൊണ്ട് കൊന്നു മോക്ഷം കൊടുക്കും എന്ന് പറയുന്ന പഴയ കാടനിയുക്തി കൊന്നു മോക്ഷം കൊടുക്കും അതൊക്കെ പറഞ്ഞാൽ വ്യക്തിക്കുന്നു മസുഅനുസരി എഴുതി വെച്ചിട്ടുള്ളതാണ് എന്റെ യുദ്ധത്തിന് എഴുതി ആയിക്കോട്ടെ ആ കാലഘട്ടത്തിലേക്ക് ആ അതിന് യുക്തിയൊന്നുമില്ല യാതൊരു തരത്തിന്റെ യുക്തിയല്ല പറയുന്നു അർജുനന് പരാജയപ്പെടുത്താൻ കഴിയാത്ത എല്ലാവരെയും ചതിയിലൂടെ മഹാഭാരതത്തിനും മനുസ്മൃതിയിലും ഈ കാര്യങ്ങൾ യുദ്ധത്തെ സംബന്ധിച്ച് വിചാരിച്ച ഒരുപോലെയുള്ള പദ്ധ്യങ്ങൾ ധാരാളം ശാന്തിപൂർവം നോക്കിയാൽ അവിടെ എല്ലാം പറയുന്ന എന്താണ് യുദ്ധത്തിൽ ചതി പ്രയോഗിക്കരുത് ഇതാണ് ധർമ്മയുദ്ധം ആയുധം തറങ്ങിവെച്ചവനെ കൊല്ലരുത് പുറംതിരിഞ്ഞിരിക്കുന്നവനെ കൊല്ലരുത് അങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട് യുദ്ധത്തിൽ കുതിര നഷ്ടപ്പെട്ടവനെ കൊല്ലരുത് രഥത്തിന് തകരാറ് വന്നവനെ കൊല്ലരുത് കയ്യിലിരിക്കുന്ന അമ്പുകൾ തീർന്നുപോയവനെ കൊല്ലരുത് ഇങ്ങനെയൊക്കെ നിരവധി നിയമങ്ങൾ പറയുന്നുണ്ട് ഈ ഒരു നിയമവും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ധർമ്മമില്ല അധർമ്മവേ അപ്പൊ എന്ന് പറയുന്നത് ഒരിക്കലും ധർമ്മമായും ചെയ്യാൻ പറ്റില്ല അധർമ്മമായിട്ടേ ചെയ്യാൻ പറ്റും മഹാഭാരത നേട്ടങ്ങൾ ഇന്നും അങ്ങനെ തന്നെയാണ് യു എൻ ഒക്കെ അംഗീകരിച്ചിട്ടുള്ള യുദ്ധ നിയമങ്ങളൊക്കെ എന്താണ് യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരെ കൊള്ളരുത് അതാണ് നിയമം യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് നേരിട്ട് എതിർക്കുന്നവരാണ് ഇന്നത്തെ നിയമം അത് യുദ്ധത്തിൽ പങ്കെടുക്കാതെ വീട്ടിയിരിക്കുന്നവരെ കൊള്ളരുത് പക്ഷെ യുദ്ധത്തിൽ അതാണ് സംഭവിക്കുന്നത് വസ്തുവകകൾ നശിപ്പിക്കരുത് പക്ഷെ നശിപ്പിക്കുന്നുണ്ട് ബയോളജിക്കൽ വെപ്പൻസ് ലേസർ പോലെയുള്ള കാര്യങ്ങളൊന്നും യുദ്ധത്തിന് ഉപയോഗിക്കാറില്ല നിയമങ്ങളാണ് പക്ഷേ എല്ലാ നിയമങ്ങളും തെറ്റിച്ചുദ്ധം ചെയ്യും ഇന്നെല്ലാം തെറ്റിച്ചു തന്നെ കാരണം യുദ്ധത്തിനൊരിക്കലും ധർമ്മം സാധിക്കും അങ്ങനെ ഒരു യുദ്ധമേ ഇല്ല യുദ്ധം അങ്ങനെ ഒന്നും നിയമങ്ങളുണ്ട് പക്ഷെ ആദ്യ കാരണം യുദ്ധം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ജയിക്കാൻ വേണ്ടി ജയിക്കണം കൊല്ലണം രണ്ട് നീതി അതിനാർത്ഥമാണ് ജയിക്കുക കൊല്ലുക അപ്പൊ അവിടെ ധർമ്മത്തിൽ നിന്നൊരു സ്ഥാന പിന്നെ ധർമ്മയുദ്ധം എന്ന് പറയുന്നതിന് എന്താർത്ഥം ഒരർത്ഥം നാശത്തെ ഉണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് യുദ്ധത്തെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ പൂർണമായും തള്ളിക്കളയുക അത് ഈ കാലത്തിന് യോജിച്ച പഴയ കാലത്തേക്ക് ഒന്നും മനസ്സിലാക്കുക കാരണം ഇത് ഇവിടെ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുന്നു അത് കൃത്യമായി വ്യാഖ്യാനിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം കൂടെ പറഞ്ഞതാണ് ഗീത വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഗീതയെ രക്ഷപ്പെടുത്താം ഇല്ലെങ്കിൽ നിങ്ങൾ ആരായി മാറും തീവ്രവാദികളായി മാറും എന്ന് ഓർമ്മയിരിക്കുന്ന അല്ല